സുഷുപ്തിയിലെ ദിവസം അന്തർയാമി ഇതിനെ എടുത്തു കാണിക്കുമ്പോൾ തന്നെ നമ്മൾ പൂർണ്ണത അനുഭവിക്കുന്നുണ്ട് ഡീപ് സ്ലീപ്പില് ഉറങ്ങുമ്പോ നമ്മൾക്ക് ശരീരമില്ല മനസ്സില്ല ബുദ്ധി ഇല്ല അഹങ്കാരം ഇല്ല ഇതേപോലെ തന്നെ ഒരു ഗുരു മഹാവാക്യം ഉപദേശിക്കുമ്പോൾ ഉപാധിയെ മുഴുവൻ എടുത്തു കഴിയുമ്പോ തന്നെ ഉപാധിവിട്ട് ഓർവത് താൻ ഈശൻ തന്നെ ഉണർവതാം ഉപാധിയെ മുഴുവൻ അങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ അവിടെ ഈശ്വരനേ ഉള്ളു പൂർണ്ണത്വമേ ഉള്ളൂ അപ്പൊ നമുക്കറിയാം അൺകണ്ടീഷണലി വി ആർ പെർഫെക്റ്റ് ഹോൾ ഉപാധിയുടെ ലിമിറ്റേഷൻസ് ഒന്നും നമ്മളുടെ സ്വരൂപത്തിലില്ല നമ്മൾ പൂർണമാണെന്ന് അറിയാം അപ്പോൾ എടുത്ത് അനുഗ്രഹം ചെയ്യാന്ന് പറഞ്ഞത് അതാണ് കൊടുത്ത് പൂർണ്ണമാവില്ല എടുക്കുകയാണ് ഗുരുവും ഈശ്വരനും എടുക്കുകയാണ് മുഴുവനും അങ്ങോട്ട് വാങ്ങിക്കുകയാണ് നമ്മൾ എന്തൊക്കെ നമ്മളുടേന്ന് കരുതുന്നു അത് മുഴുവൻ അങ്ങോട്ട് വാങ്ങിക്കുക അത് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ വേദനിക്കും അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് കൃപ എന്ന് പറയണത് ബലമായിട്ട് വാങ്ങിക്കലാണ് ഭക്തി എന്ന് പറയുന്നത് കൊടുക്കലാണ് അതുകൊണ്ട് കൃപയെ ചോദിക്കരുത് ചിലപ്പോൾ കൃപയെ ചോദിച്ചാൽ കൃപ ബലമായിട്ട് പിടിച്ചു വാങ്ങിക്കും അറിയാൻ കുറച്ച് വൈകിട്ടാണ് അറിയുക അത് കൃപയാണെന്ന് ആ കിട്ടിയത് കൃപയാണെന്നുള്ളത് അപ്പൊ ഭയങ്കര വേദനയാണ് കുറച്ച് കഴിഞ്ഞിട്ടറിയും അത് കൃപയായിരുന്നു എന്നറിയും ഭക്തി എന്ന് പറയുമ്പോ സാവകാശം പതുക്കെ നമ്മൾ കൊടുക്കുകയാണ് ഭഗവാന് ഭഗവാനും ഭൂതജാലങ്ങൾക്കും മനുഷ്യർക്കും പ്രകൃതിക്കും ചുറ്റും എന്തൊക്കെ ഉണ്ടോ എല്ലാറ്റിനും കൊടുത്ത് ആ കൊടുക്കുന്നതിന്റെ ഒരു സന്തോഷം പഠിക്കുകയാണ് കൊടുക്കുന്നതിൽ ഒരു സന്തോഷം കിട്ടണയിലുള്ള സന്തോഷം പ്ലഷർ കൊടുക്കുന്നതിലുള്ള സന്തോഷം പീസ് ഏതാ വേണ്ടതെന്ന് നിങ്ങൾ കണ്ടു പ്ലഷറാണ് നമ്മൾ സുഖമെന്ന് വിചാരിക്കണത് കിട്ടുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ അത് പ്ലഷറാണ് ആ എനിക്ക് കിട്ടി അഭിമാനം ഉള്ളില് ഒരു ആ ഭൂതത്തിന് ഇത്തിരി അത് ചോദിച്ചില്ലേ ഒരു ഭൂതം ഉള്ളിൽ കയറി എനിക്ക് മാംസം വേണം ചോദിച്ചു മാംസം കൊടുത്താൽ ഭൂതം സന്തോഷിക്കും നിങ്ങൾക്ക് നല്ലതാണോ ഈ അഹങ്കാരത്തിനാണ് ഓരോ പ്ലഷറും അഹങ്കാരത്തിനെ ബലപ്പെടുത്താണ് ശാന്തി എപ്പം വരണു അഹങ്കാരത്തിന് കൂട്ട് നമ്മൾ നിന്നില്ല കൊടുക്കാൻ പഠിച്ചു കൊടുക്കാന്ന് വെച്ചാൽ പത്രത്തില് ഫോട്ടോ വരാൻ വേണ്ടി കൊടുക്കലല്ല ചില ദാനം ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫർ വാങ്ങി വരണവരെ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് കൊടുക്കും ഫോട്ടോ ശരിക്ക് വീണില്ലെങ്കിൽ പിന്നെയും വാങ്ങിച്ചു പിന്നെയും കൊടുക്കും അയാൾക്ക് അത് ഫലം ആ ഫോട്ടോ വരുന്നത് തന്നെ അയാളുടെ ഫലം അത് എന്തോ ചെയ്തോളാം അതുകൊണ്ട് ലോകത്തിൽ ചിലപ്പോൾ നല്ല കാര്യം നടക്കെങ്കിൽ നടന്നോട്ടെ പക്ഷേ അത് സ്പിരിച്വൽ പ്രാക്ടീസ് സംതിങ് ക്യാൻ ബിക്കം എ സോഷ്യൽ സർവീസ് ആൻഡ് സ്പിരിച്വൽ സോഷ്യൽ സർവീസ് സ്പിരിച്വൽ പ്രാക്ടീസ് അല്ല സ്പിരിച്വൽ പ്രാക്ടീസ് അധ്യാത്മ എന്ന് പറയത്ത് നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ അറിയും അത്രേ ഉള്ളൂ അത് ലോകത്തിന്റെ ഒരുപക്ഷെ അംഗീകാരമൊന്നും കിട്ടിയെന്ന് വരില്ല പത്രത്തിലൊന്നും വന്നു വരില്ല പക്ഷെ ഉള്ളിലങ്ങനെ ശാന്തിയും സന്തോഷവും ഒരു പൂർണതയും വന്നുകൊണ്ടേയിരിക്കും അതിനുള്ള ഒരു തപസ്സാണ് ഭഗവാൻ ഇവിടെ ത്യാഗമെന്നും സന്യാസമെന്നും ഒരു രണ്ടു പദത്തിനെ എടുത്ത് മുമ്പിൽ വെച്ചു ഇത് രണ്ടും പറഞ്ഞിട്ട് അർജുനന് സംശയം വന്നു എന്താ ഭഗവാനെ വിടേണ്ടത് ത്യാഗം ചെയ്യേണ്ടത് എന്താ അപ്പൊ ഭഗവാൻ പറഞ്ഞു അതിലും അഭിപ്രായം ഉണ്ട് ചിലര് പറയണു ത്യാജ്യം ദോഷപതി കർമ്മപ്രാഹോർ മനുഷ്യന മറ്റുള്ളവർക്കോ സമൂഹത്തിനോ പ്രകൃതിക്കോ ഒക്കെ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ കഴിയുന്നതും ത്യജിക്കണം എന്ന് ജ്ഞാനികൾ പറയുണ്ട് യജ്ഞം ദാനം തപസ് മുതലായ കർമ്മങ്ങളെ ഒരു കാരണവശാലും വിട്ടുകളയരുത് എന്നും ഋഷികൾ പറയുണ്ട് ഈ കാര്യത്തില് ഞാനൊന്ന് നിരൂപണം ചെയ്യാം ചിലര് ത്യാഗമെന്ന് പറയുമ്പോൾ നോക്കൂ ഭഗവാന്റെ അഭിപ്രായം കർമ്മത്തിനെ ത്യജിക്കുന്നവൻ ജ്ഞാനിയല്ല ഈ അധ്യായത്തിലാണ് ഈ സീക്രട്ട് മുഴുവൻ വരുന്നത് ഭഗവാന്റെ അഭിപ്രായം കർമ്മത്തിനെ ബാഹ്യമായി തൃജിക്കുന്ന ആളുകള് കായക്ലേശ നിമിത്താൻ ദുഃഖാണി സാഖ്യാഹ ആത്മനി ന പശ്യന്തി പലപ്പോഴും നമ്മൾ ത്യജിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അയ്യോ ശരീരത്തിന് വലിയ വിഷമം എനിക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല അത് ദേഹാഭിമാനാണ് ജ്ഞാനിയുടെ കർമ്മത്യാഗം എങ്ങനെയാന്ന് വച്ചാൽ ഞാൻ ചെയ്യണമെന്നുള്ളതുമില്ല കർമ്മം ആത്മാവല്ല പരിപൂർണമായി സ്വരൂപതഹത്യാഗമാണ് അത് കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്താലും അയാളെ ഒന്നും സ്പർശിക്കണില്ല ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമില്ല അത് നൈഷ്കർമ്മ്യ സിദ്ധി ജ്ഞാനസ്ഥിതിയാണ് അതിനെ അല്ല ഇവിടെ ഭഗവാൻ പറഞ്ഞത് ഇവിടെ സാധനയാണ് ഭഗവാൻ പറഞ്ഞത് ജ്ഞാനി എന്തു ചെയ്താലും ജ്ഞാനിയെ അത് ബാധിക്കില്ല പക്ഷേ നമ്മൾ സാധകന്മാരായിട്ടുള്ള സാധാരണ ആളുകളുടെ കാര്യത്തിൽ വരുമ്പോൾ കർമ്മത്തിൽ അധികാരത്തോടുകൂടിയുള്ള അനാത്മജ്ഞന്മാരായിട്ടുള്ള ഇവർ പ്രവർത്തിക്കുമ്പോൾ അവരെന്തു ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം അപ്പൊ ഭഗവാൻ ഇവിടെ പറയാണ് കർമ്മണി അധികൃതാൻ പ്രതിയേവ യേശ സന്യാസത്യാഗ വിഷയ വികൽപ്പത് പറഞ്ഞ് ഭഗവാൻ പറയണു നിശ്ചയം ശൃണുമേ തത്ര അടുത്ത ശ്ലോകം നോക്കൂ ഞാൻ അറിയാതെ ചിലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ടത്തിരി ശാസ്ത്രത്തിലേക്ക് കടന്നുപോകും പക്ഷെ പെട്ടെന്ന് ഞാൻ കോൺഷ്യസാകും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും വിഷമാകുന്നു േ തരത സത്തമായാഗോ ഹിഷവ്യംപ്രകീർത്തിയാഘ്ര അർജുനനെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തണ്ട് ഭഗവാൻ എന്തിനാന്ന് വെച്ചാൽ ഒരു അറ്റൻഷൻ വരട്ടെ ഒരു ശ്രദ്ധ വരട്ടെ മനുഷ്യന് ഒരു അപാരമായൊരു വിശ്വാസം ശ്രദ്ധ ചില മഹാപുരുഷന്മാര് ശിഷ്യന്മാരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും സുഖമായിട്ടിരിക്കും ക്ഷേമമായിട്ടിരിക്കും നമ്മൾ അഷ്ടാവക്ര ഗീത കാണുമ്പോൾ കണ്ടതാണ് സുഖവ് സുഖീഭവ സുഖീഭവ സുഖീഭവ ഓരോ ശ്ലോകം കഴിയുമ്പോഴും ഗുരു ശിഷ്യനടുത്ത് പറയും സൗഖ്യമായിട്ടിരിക്കും അപ്പ ക്ഷേമമായിട്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം മഹാപുരുഷന്മാരുടെ ഉള്ളില് അവരുടെ മനസ്സെന്ന് പറഞ്ഞതുണ്ടല്ലോ അത് ജഗദീശ്വരിയാണ് അത് മനസ്സല്ലാതെ അജ്ഞാനികൾക്ക് യാതൊന്നും മനസ്സോ ആ സ്ഥാനത്തില് കരുണാശക്തിയാണ് ജ്ഞാനിക്ക് അതുകൊണ്ട് ആ വായിൽ നിന്ന് നീ ക്ഷേമമായിട്ടിരിക്കുന്ന ഒരു വാക്ക് വീണാൽ നമ്മൾ രക്ഷപ്പെട്ടു ഭഗവാൻ രമണ മഹർഷി തന്നെ അരുണാചല അക്ഷരമണമാലയിൽ അരുണാചലേശ്വരനോട് പറയണു ഒരു വാക്ക് പറയൂ എന്താ പറയണ്ടത് അഞ്ചലൻറെ അരുൾ അരുണാചല ഹേ അരുണാചല എന്റെ അടുത്ത് നീ ഭയപ്പെടേണ്ട ഒരു വാക്കു പറയൂന്നാണ് അത് പറഞ്ഞ പിന്നെ പോയി എന്നാണ് ഭയം എപ്പോ ഈശ്വരൻ അത് നീ ഭയപ്പെടേണ്ടട്ടോ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ സന്തോഷം അതാണ് ഭഗവാൻ പറഞ്ഞു സദ്ഗുരു പറഞ്ഞു ഇനി എന്തു ഭയം വിവേകാനന്ദ സ്വാമി ഒരു ശ്ലോകം എഴുതി അയച്ചു തൻ്റെ കൂടെ ഉള്ള പ എഴുതി അയച്ചു അവർക്ക് എന്തോ ചോദിച്ചു ഭാരതത്തിലെ പ്രവർത്തികളെ കുറിച്ചൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോ വിവേകാനന്ദ സ്വാമി ശ്ലോകം എഴുതി കുർമഹ താരക ചർവണം ത്രിഭുവനമുത്പാടയാമോ ബലാത് വിജാനാസി അസ്മാൻ രാമകൃഷ്ണദാസാവയം ആ ഗുരുഭക്തി എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കുറിച്ച് വിചാരിച്ചിരിക്കണത് ശ്രീരാമകൃഷ്ണദേവന്റെ ആ സദ്ഗുരുവിന്റെ ദാസന്മാരാണ് നമ്മള് താരക ചർവണം കുർമഹന്ന് നക്ഷത്രങ്ങളെയൊക്കെ എടുത്ത് ചവച്ചകളെയും ത്രിഭുവനം ഉത്പാടയാമോ ബലാദ് വേണമെങ്കിൽ മൂന്ന് ലോകമും ഉത്പാടനം ചെയ്തെടുത്തുകളും പുഴക്കിയെടുത്തുകളും കിംഭോ വിജാനാസി അസ്മാർ ആ വീര്യം എവിടെ നിന്ന് വന്നു ഗുരു അനുഗ്രഹം ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭാഗവതത്തില് കുചേലൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയണു നമ്മള് രണ്ടുപേരും സമാധാനമായിട്ടിരിക്കുന്നു കൃഷ്ണൻ നല്ല വളരെ ടച്ചിങ് സീനാണ് സുധാമാവിന്റെ അടുത്ത് പറയാം കാരണം രണ്ട് രണ്ട് എക്സ്ട്രീമാണേ ഒരാൾക്ക് ഉണ്ണാൻ ഉടുക്കാൻ അഷ്ടിക്ക് കഷ്ടിയാണ് മറ്റേ ആള് സമ്പത് സമൃദ്ധിയുടെ നടുക്കിരിക്കുക രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ് ദരിദ്രനും വിഷമാണ് ധനത്തിന് നടുവിലിരിക്കുന്ന ആൾക്ക് ഉറക്കമേ പറ്റില്ല അല്ലേ വിഷ്ണുവിനെ പറയും എവിടെയാ കിടക്കണത് ഏ പാലാഴിയിലാണ് കടല് അല്ലേ കടലില് ഉറങ്ങാനേ പറ്റില്ല ഒന്ന് രണ്ട് പാമ്പിന്റെ മേലെ സുഖമായിട്ട് രാത്രി കിടക്കുന്ന ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ തന്നു ഉറങ്ങാൻ വിട്ടിട്ട് സുഖമായി ഉറങ്ങിക്കൊള്ളൂട്ടോ എ സിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ കൺട്രോളർ റിമോട്ട് തന്നിട്ട് ഉറങ്ങുമ്പോ ഇന്നലെ ഈ കട്ടിന്റെ അടിയിലെ പാമ്പ് പോയി എന്ത് പാമ്പാന്ന് അറിഞ്ഞില്ല സൂക്ഷിച്ചോളൂ പിന്നെ ഉറങ്ങോ രാത്രി ഭഗവാൻ കിടക്കണത് സർ പാമ്പിന്റെ മേലെ ഇത് രണ്ടും പോട്ടെ ഇനി അതിനേക്കാളും വലിയ അപകടം എന്താന്ന് വെച്ചാൽ കാൽ ചുവട്ടിലിരിക്കുന്ന ആളാണ് അത് അവരെ വെച്ചുകൊണ്ട് ഉറങ്ങാനേ പറ്റില്ല ആർക്കും മഹാലക്ഷ്മി ഐശ്വര്യദേവത ഇതൊക്കെ വെച്ചുകൊണ്ടാണ് വിഷ്ണു സുഖമായിട്ട് ഉറങ്ങുന്നത് അതാണ് ഗീത അതാണ് ഭഗവത്ഗീത എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലും ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വത്തിന്റെ മുഴുവൻ കൺട്രോളിംഗ് വർക്കാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ടെൻഷൻ ഇല്ലാതിരിക്കണം നമ്മൾ ചെറിയൊരു കുടുംബം നോക്കാൻ എത്ര വിഷമിക്കണോ അല്ലേ ശങ്കരാചാര്യര് പറഞ്ഞു ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണു നമസ്തേ ഈ വിഷ്ണു ആരാണെന്ന് വെച്ചാൽ ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണു നമസ്തേ മൂന്ന് ലോകവും അദ്ദേഹത്തിന്റെ ഗൃഹമാണ് കുടുംബമാണ് ആ ത്രിലോകീ ഗൃഹസ്ഥനായിട്ടുള്ള ആളുണ്ടല്ലോ ൂപേ നിജബോധരൂപ ബ്രഹ്മസ്വരൂപേ ശ്രുതിമൂർത്തിശാങ്കമണീയരൂപ ശ്രീരംഗ അനന്തമായിട്ടിരിക്കാം ശാന്തമായി അതാണ് ഗീത ഗീതയുടെ വ്യാഖ്യാനം മുഴുവൻ അവിടെ കഴിഞ്ഞു അപ്പോ ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട് ഭഗവാൻ പറഞ്ഞു ഹേ അർജുന എന്റെ അഭിപ്രായം കേട്ടുകൊള്ളുക എതിലാ ത്യാഗസന്യാസ വിഷയത്തില് ഇത്രയും പലരുടെ അഭിപ്രായം പറഞ്ഞിട്ട് ഭഗവാൻ അതൊക്കെ സംഗ്രഹിക്കുകയാണ് നിശ്ചയം ശൃണുമേ തരതസത്തമാ ഒരു ചെറിയ ശ്ലോകം ആ ശ്ലോകത്തില് ആദ്യത്തെ വരിയില് അർജുനനെ ഭരതസത്തമാളിച്ചു ഈ ഭരതവംശത്തില് ശ്രേഷ്ഠനായിട്ടുള്ള ഹേ അർജുന ഈ ഭരതവംശത്തിലെ അനുഗ്രഹീതനായിട്ടുള്ള അർജുന ആ വംശം വളരെ അനുഗ്രഹീതമാണ് ആ അനുഗ്രഹീതനായ അർജുന നിശ്ചയം ശ്രണുമേ തന്റെ അഭിപ്രായം നിശ്ചയമായിട്ടുള്ള തീരുമാനം കേട്ടുകൊള്ളുക ഹേ പുരുഷ വ്യാഘ്ര വീണ്ടുപിടിച്ചു പുരുഷന്മാരില് വ്യാഘ്രനായിട്ടുള്ളവൻ വ്യാഘ്രമായിട്ടുള്ളവൻ വീരനായിട്ടുള്ളവൻ ീർത്തിൽ ആണ് അർജുനവാച്യോ അർത്ഥി നോക്കൂ അടുത്ത ശ്ലോകം എന്താ ഭഗവാന്റെ അഭിപ്രായം ഭഗവാൻ ഇനിയും പറഞ്ഞില്ല യ ത്യാജ്യം കാര്യമേവത്ത് മനീഷിണ യജ്ഞം ദാനം തപസ് ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞതാ തപസ് എന്താണെന്നും യജ്ഞം എന്താണെന്നും ദാനമെന്താണെന്നൊക്കെ അതുകൊണ്ട് സംശയമുള്ള ആളുകൾ കഴിഞ്ഞ അധ്യായമൊക്കെ എടുത്ത് നോക്കണം അതെന്താണെന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ എടുത്ത് പഠിക്കുക മനസ്സിലായിട്ടില്ലെങ്കിൽ വ്യാഖ്യാനം നോക്കുക എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ അറിയണവരോടൊക്കെ ചോദിക്കാം ചോദിച്ച് മനനം ചെയ്ത് പിന്നീട് നമ്മളുടെ ജീവിതത്തില് ആ യജ്ഞം ദാനം തപസ്സൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും നോക്കാം വിത്തിട്ട് മുളപ്പിക്കണ പോലെ ഈ യജ്ഞദാനാദി വിഷയങ്ങളെ ജീവിതത്തിലിട്ട് മുളപ്പിക്കാം അപ്പൊരു സന്തോഷം വരും ഒരു ആനന്ദം വരും ആ ആനന്ദത്തിനുള്ള വഴിയാണ് പറയുന്നത് ഭഗവാൻ അതിലെ തീരുമാനം പറയുകയാണ് നോക്കാം യജ്ഞ ഇത് വായിച്ചു യജ്ഞദാനം യജ്ഞദാന തപഃകർമ്മ നം കാര്യമേവിത്തത് വായിച്ചോ യജ്ഞോദാനം തപഃശൈവ പാവനാനി നല്ല അറിവുള്ളവർക്ക് മനുഷ്യണാം പാവനാനി എന്ന് പറഞ്ഞു ഭഗവാൻ എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ യൂസ് ആവണത് മനനം ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിന്റെ മർമ്മം അറിയുന്നവർക്ക് എല്ലാത്തിലും ഒരു സ്പെഷ്യാലിറ്റി വരും സാധാരണ ആളുകള് ചെയ്യുന്ന കർമ്മം തന്നെ സത് അതിന്റെ തത്വം അറിഞ്ഞ ആള് ചെയ്യുമ്പോൾ അതിന്റെ സ്വഭാവം മാറും കാരണം അവർക്ക് അതിന്റെ രഹസ്യം അറിയാം കാഞ്ചി പരമാചാര്യരുടെ ജീവിതത്തില് ഒരു ചെറിയ കഥ കേട്ടു ഞാൻ എനിക്ക് അതിൽ വലിയ പരിചയമൊന്നുമില്ല വളരെ വളരെ ഹൃദ്യമായൊരു ചെറിയ കഥ എന്താണെന്നു വെച്ചാൽ ഒരു ആള് ഒരു യജ്ഞം നടത്താൻ ആഗ്രഹിച്ചു ആ യജ്ഞത്തില് ധാരാളം പേർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് അപ്പോ പരമാചാര്യർ പറഞ്ഞു സഹസ്രഭോജനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കാണ് വളരെ നന്നായിട്ട് നടക്കും ക്ഷേമമായിട്ട് നടക്കും ചെയ്യൂ വളരെ നല്ലതാണ് മനുഷ്യന് വിശപ്പിന് അന്നം കൊടുക്കണത് ഉണ്ടല്ലോ അത് വലിയൊരു അനുഗ്രഹി അനുഗ്രഹി അനുഗ്രഹീതമായ ഒരു കാര്യമാണ് കാരണം വിശപ്പ് എല്ലാവർക്കും ഉള്ളതാ ഉള്ളിലുള്ള വൈശ്വാനായ ഭഗവാൻ തൃപ്തിപ്പെടും അനുഗ്രഹിച്ചു അപ്പൊ അയാൾ പോയി കഴിഞ്ഞപ്പോ മഠത്തിലുള്ള ഒരു വയസ്സായ ഒരു അമ്മ ഒരു പാട്ടി അവർ പറഞ്ഞു കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇയാൾക്ക് ധാരാളം പണുണ്ട് അവർക്കൊക്കെ ചെയ്യാം എത്രയോ പേർക്ക് ശാപ്പാട് കൊടുക്കാം സഹസ്ര ഭോജനം ചെയ്യാം എനിക്കൊരു നാലാൾക്ക് ഭോജനം ചെയ്യാനുള്ള കഴിവ് പോലും ഇല്ല അപ്പൊ ആചാര്യ പറഞ്ഞു ഏനക്ക് ലക്ഷം പേർക്ക് ഭോജനം പോടലാമേ ആയിരം എന്ത് ലക്ഷം പേർക്ക് കൊടുക്കാം എങ്ങനെ കൊടുക്കും ഒരു ചാക്ക് അരി എടുക്ക എന്നിട്ട് അരി കയ്യിലെടുത്ത് നടക്കുക എവിടെയൊക്കെ ഉറുമ്പുപുറ്റതൊക്കെ കാണുന്നുണ്ടോ അവിടെ കിട്ടുക വൈശ്വാനായ ഭഗവാൻ മനുഷ്യന്റെ ഉള്ളിൽ മാത്രമല്ല മനുഷ്യനേക്കാളും ഈ അന്നത്തിനു വേണ്ടി ഓടി നടക്കുന്ന പ്രാണികളാണ് അവരൊക്കെ അവരൊക്കെ അന്നം കൊണ്ട് മാത്രം തൃപ്തി അടയുന്നവരുമാണ് ഒരു കുരുവികൾക്കും അണ്ണാനും ഒക്കെ അരി അരിയിട്ട് കൊടുത്താൽ അത് നോക്കുക അത് അതിൻ്റെ ബ്രഹ്മമാണ് ബ്രഹ്മം എന്നുള്ള വാക്കിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ഒറ്റ ഉദ്ദേശത്തിന് പേരാണ് ബ്രഹ്മം ആ പ്രാണികൾക്ക് അത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല നമുക്ക് അതൊരു സൈഡ് മാത്രമാണ് അല്ലേ നമ്മൾ കളിയാക്കി പറയും ശാപ്പാട്ട് രാമൻ എന്ന് പറയും ഷാപ്പാട് ഉപാസന ദേവതയാണ് വൈദിക സമ്പ്രദായത്തില് ശിവനും വിഷ്ണുവും ഗണപതി ഒന്നുമില്ല പഴയകാലത്തില് ശ്രുതി തന്നെ പറയണത് എന്തിനെ ഉപാസിക്കണം എന്ന് ചോദിക്കുമ്പോ അന്നം ചുവാചമിതി ഇതിനൊക്കെ ഉപാസിക്കൂന്ന് പറയുന്നത് തപസ് ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ആദ്യം അന്നത്തിനെ ശ്രദ്ധിക്കുക അന്നം എങ്ങനെ പാകം ചെയ്യണം അന്നത്തിനെ എങ്ങനെ ആരാധിക്കണം எങ്ങനെ you can divinize the food that which goes within அது ஒரு வலி யாக்யம் ஐட்டான கரதீது அலாத டிவி நோக்கி வேற எதேகும் பார்த்துட்டு ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ తిന്നു കഴിഞ്ഞால் உள்ளிலே போய் ஆல் குட்ஸ் வந்து ஓடும் நமக்கு അറിയாம் പക്ഷേ നമ്മൾ मरந்து போவோம் இல்லே அது ஒரு வலி யாக்யம் ஐட்டான செய்து கொண்டிருக்கிறது பட்சணம் பாஜகம் செய்யறதும் பட்சணத்தை நிவேதிக்கிறதும் பட்சணத்தை ஆராதிக்கிறதும் അത് ഒരു ഒരു ഒരു സമ്പ്രദായത്തിന് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രാദ്ധമൊക്കെ ചെയ്യുമ്പോ അന്നം ആ കൊടുക്കുമ്പോ ബ്രാഹ്മണന് അന്നം കൊടുത്ത് കഴിയുമ്പോൾ അതേ ഊണ് കഴിക്കുമ്പോഴേക്കും നമുക്ക് മതി മതിയാവും എത്ര നേരം എന്തൊക്കെ മന്ത്രമാണ് എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ പൂജയാണത് ആരാധനയാണ് അല്ലാതെ ചോറ് കൊടുക്കലല്ല അത് ആരാധനയാണത് അന്നം ച ഭോക്ത അന്നം ച ബ്രഹ്മ ഭോക്താ അന്നവും ബ്രഹ്മമാണ് ഭോക്താവും ബ്രഹ്മമാണ് ഒക്കെ പറഞ്ഞ് അന്നത്തിനെ ഉപാസിക്കുക എന്നുള്ളത് ഒരു വലിയ സമ്പ്രദായമാണ് എന്തെങ്കിലും എന്തെങ്കിലും തിന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക എന്നുള്ളതല്ല ജീവിതത്തില് വളരെ പ്രധാനമായിട്ടുള്ളതിനൊക്കെ ഋഷികൾ ശ്രദ്ധിച്ചു ഉണ്ണുക ഉറങ്ങുക നടക്കുക വിഹരിക്കുക വ്യാവഹാരികമായ ധർമ്മങ്ങൾ മൈഥുനാദികാര്യങ്ങള് പ്രാണായാമാതി കാര്യങ്ങൾ ഇതൊക്കെ തന്നെ വേദം വളരെ വളരെ വളരെ വളരെ വിസ്തരിച്ച് ചർച്ച ചെയ്ത് ഇതിനെയൊക്കെ ദിവ്യമാണെന്നാക്കി തീർത്തു നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ പ്രകൃതിയെ മുഴുവൻ അവഗണിച്ചിട്ട് ദൈവത്തിനെ അമ്പലത്തിലും വെച്ചു മുമ്പിൽ കാണുന്ന സൂര്യൻ മുതലായ ദേവതകളെ പോലും മറന്നുകിടന്നു വൈദിക സമ്പ്രദായത്തിൽ ശരിക്കും പറഞ്ഞാൽ വിഷ്ണു എന്ന് നമ്മൾ ഇന്ന് പറഞ്ഞത് ആദിത്യം തന്നെയാണ് വേദത്തിൽ എവിടെയൊക്കെ വിഷ്ണു എന്ന് പറയണോ അധികമായിട്ടും ആദിത്യനാണ് ആദിത്യനെ പോലും വിട്ടുകളഞ്ഞു പുറത്തുള്ള സൂര്യനെ വിട്ടുകളഞ്ഞു പുറത്തുള്ള തീർത്ഥം ജലത്തിനെ വിട്ടുകളഞ്ഞു ജീവിതത്തിൽ ശ്വാസപ്രശ്വാസം ആളുകൾക്ക് ഒന്ന് മൂച്ചു ഒരു ക്ലാസ് വേണമെന്നുള്ള സ്ഥിതിയിലായിരിക്കണം ഇപ്പോ പ്രാണനെ ഉപാസിക്കണം അന്നത്തിനെ ഉപാസിക്കണം പ്രാണനെ ഉപാസിക്കണം മനസ്സിനെ ഉപാസിക്കണം വിജ്ഞാനത്തിനെ ഉപാസിക്കണം ഈ അന്നത്തിനേയും പ്രാണനെയും മനസ്സിനെയും വിജ്ഞാ ഉപാസിച്ച് വിജ്ഞാനത്തിനെ ഉപാസിച്ച് കഴിയുമ്പോൾ യജ്ഞം മനസ്സിലാകും എന്നാണ് ശ്രുതി പറഞ്ഞത് വിജ്ഞാനത്തിന് അവിടെ എത്തി നിൽക്കുമ്പോ വിജ്ഞാനി തനുജ്ഞാസേ വിജ്ഞാനം ബ്രഹ്മ ചേദ് വിജ്ഞാനത്തിനെ ബ്രഹ്മമെന്നറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇയാൾ ചലിക്കില്ല എന്നാണ് പിന്നെ ഇയാളുടെ യജ്ഞമും ഒക്കെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് തീരും സിസ്റ്റത്തില് ഋഷി അവന്റെ ജീവിതം പ്രകൃതിക്ക് തന്നെ ഒരു ഒരു പിട്ടായിട്ട് തീരും ഒരു ഫൾക്രമായിട്ട് തീരും അപ്പോ ഇത് പറഞ്ഞ് ഭഗവാൻ അഭിപ്രായം പറയാണ് യജ്ഞം ദാനം തപസ് കർമ്മ ഇതൊന്നും ത്യാജ്യമല്ല അർജുന കാര്യമേ പറ്റത്തത് അതൊക്കെ ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിവുള്ളവനെ ഇതൊക്കെ ശുദ്ധമാക്കും ഇതിന്റെ രഹസ്യം അറിയുന്ന ആളെ ഇത് ശുദ്ധമാക്കും ഒന്ന് സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യുമ്പോ ഞാൻ കൊടുക്കണു എന്നുള്ള ഭാവമുണ്ട് അയാള് ദീനനാണെന്നുള്ള ഭാവമുണ്ട് വരി വരിയായിട്ട് നിക്കൂ എന്നൊക്കെ അല്ലേ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോ ആ ഓരോരാളായിട്ട് വരൂ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഒക്കെയാണ് നമ്മൾ ചോദിക്കുക അല്ലെ കൊടുക്കുമ്പോ വൈദിക സമ്പ്രദായത്തിൽ കൊടുക്കുമ്പോ വാങ്ങിക്കാൻ വരുന്ന ആളെ നമസ്കരിച്ച് മേലെ നിർത്തി നീ വാങ്ങിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ദക്ഷിണയും കൊടുത്ത് വാങ്ങിക്കാൻ വരുന്ന ആളെ ദേവനായിട്ട് കരുതി കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് എ സ്പിരിച്വൽ പ്രാക്ടീസ് ഇറ്റ് ഈസ് നോട്ട് സോഷ്യൽ സർവീസ് നമ്മളുടെ ശാസ്ത്രമനുസരിച്ച് സോഷ്യൽ സർവീസ് ചെയ്താൽ പുണ്യം കിട്ടും സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്താൽ ഭഗവത് പ്രാപ്തി ഉണ്ടാവും സാധന അതിനകത്ത് അന്തര്യാമിയായ ദേവതയെ കണ്ടുകൊണ്ട് അത് പുണ്യമോ പാപമോ അല്ല യു ഗെറ്റ് റിലീസ്ഡ് രേവൻ കൊടുത്തു മായ അങ്ങനെ സ്ക്രീന് നീങ്ങണ പോലെ നീങ്ങിപ്പോയി എന്നാണ് മുമ്പ് ഭീഷ്മർ പറഞ്ഞു ഒന്നും തന്റെ കയ്യിൽ ഇല്ലാത്തവൻ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പ്രക്ഷാളനാദിഹി പങ്ക ദൂരാദസ്പർശനം വരം യജ്ഞാർത്ഥം യത്യഹ വരം തസ് നിരീഹത ഞാൻ ദാനം ചെയ്യാൻ വേണ്ടി സമ്പാദിക്കണമെന്ന് പറയാ അതിന് സമ്പാദിക്കാതിരിക്കണതാണ് നല്ലത് നിന്റെ കയ്യിലുള്ളത് നീ കൊടുത്താൽ മതി ചളിയാക്കിയിട്ട് കഴുകിക്കളയേണ്ട ആവശ്യമില്ല ഉള്ള ചളി കഴുകിക്കളഞ്ഞാൽ മതി കഴുകിക്കളയണം അതുകൊണ്ട് ചളിയാക്കുക എന്ന് പുറപ്പെടരുത് ആവശ്യമില്ലാതെ വലിച്ചു ചളിയാണ് അതുകൊണ്ട് നിന്റെ കയ്യിലുള്ളത് വെച്ചുകൊണ്ട് യജ്ഞം ചെയ്യ ദാനം ചെയ്യ തപസ് ചെയ്യാ ദാനം എന്നുള്ളത് ഞാൻ ആർക്ക് ദാനം കൊടുക്കുന്നു തന്റെ മുമ്പിൽ പ്രകൃതിയിൽ ചോദിച്ചു കൊണ്ട് ഭൂതങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് വേദം ഭരണത് ഒരു നായ എലി സഞ്ചരിക്കണു അണ്ണാൻ സഞ്ചരിക്കണു ഒന്നുമില്ലെങ്കിൽ എലിക്ക് വിഷമെങ്കിലും വെക്കാതിരിക്ക ചട്ടമ്പിസ്വാമി ഒരു വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു സ്വാമികള് ഇങ്ങനെ എലിക്ക് വിഷം വെക്കരുത് എന്നൊക്കെ പറയണു അവര് എത്ര മുണ്ടാ കടിച്ചു കയറിയതറിയുമോ ഉടുക്കാൻ കോണകില്ലാതാക്കാണ് അവർ വീടും മുഴുവൻ അപ്പോ ചട്ടമ്പിസ്വാമി പറഞ്ഞു കുറച്ച് എന്തോ നെല്ലൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം പ്രത്യേക ഒരു രീതിയിൽ പാടി ആ വീട്ടിലൊക്ക ഉള്ള എലികളൊക്കെ വന്നു മറ്റേ വീട്ടിലുള്ള യജമാനെ പറഞ്ഞു അരുത് വിഷമയ്ക്കരുത് എന്നാ അദ്ദേഹത്തിനോട് പറഞ്ഞു ആ എലികളൊക്കെ വരി വരിയായിട്ട് വന്നു നിന്നു അപ്പോ ആ എലികളോട് പറഞ്ഞു ഈ നമ്പ്യാരുടെ നേരിയത് കടിച്ച ആൾ ആരാ ചോര എലി ഓച്ചാനിച്ച് മാറി ഇത് സത്യാണോ എന്താ പക്ഷെ എന്തും സാധ്യമാണോ യോഗികൾക്ക് അപ്പോ അരുതെട്ടോ നീ കടിക്കരുത് ഇവര് നമുക്ക് വിഷം വെക്കുന്നു താൻ എലിയായിട്ട് മാറി കടിക്കരുത് കേട്ടോ ഇവര് നമുക്ക് വിഷം വെക്കുന്നു പിന്നെ ആ വീട്ടിൽ എലിയെ ഉണ്ടായിരുന്നില്ല എന്ന് അവർക്കൊക്കെ അറിയാം അവര് വിചാരിക്കണത് അവർ വരണത് നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുള്ള സ്വാതന്ത്ര്യത്തോടെയാണ് വരണത് നമുക്കാണ് അവർക്കറിയോ ഇത് നമ്മൾക്ക് അവർക്കല്ലാന്ന് വെച്ചിരിക്കണതെന്ന് അവർക്കറിയില്ല അപ്പൊ അവർ സർവസ്വാതന്ത്ര്യത്തോടു കൂടെയാണ് നമ്മുടെ വീട്ടിന്റെ വന്ന് വിഹരിക്കണത് എലിയും പല്ലിയും കൂറാനും വരും അല്ലേ ഇതൊക്കെ അന്തരം കിയത് ഭാഗവത് യാക്കോ അതിനും ഒരു വ്യത്യാസമില്ല അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മക്കൾ ഭാഗം ചോദിക്കും ഇവർ അതൊന്നും ചോദിക്കാൻ പോകണ്ട നിങ്ങളുടെ മക്കളെ ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തരും ഇവര് ഈ വെച്ച നാല് വാഴപ്പഴം തിന്നിട്ട് പോകുന്നല്ലാതെ വേറെ ദുഃഖമൊന്നും ഇവർ തരാൻ പോകുന്നില്ല ഒരു റെസ്പോൺസിബിലിറ്റി അവർ നിങ്ങളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ പ്രകൃതിയിലുള്ള ഈ ജീവജാലങ്ങളൊക്കെ തന്നെ നമ്മളുടെ മുമ്പിൽ വിശ്വ വിശ്വം വിഷ്ണുവാണ് അമ്പലത്തിൽ മാത്രം ഒന്നുമല്ല വിശ്വം വിഷ്ണുവാണ് അതുകൊണ്ട് അമ്പലത്തിനെ നിഷേധിക്കലോ അത് അതൊരു വിഭൂതി സ്ഥാനം നമുക്ക് ഭക്തി ചെയ്യാനായിട്ട് പ്രേമം ചെയ്യാനായിട്ട് ഒരു സെന്റർ അതിന്ന് പഠിച്ചതിന്റെ ഇഫക്റ്റ് എന്താന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തുണ്ടെന്നാണ് ഭാഗവതം പറയണത് അഥമാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്രിയ അഭിന്നയന ചുഷ അവര് ഞാൻ വേറെയല്ല എന്ന് പറഞ്ഞു കൊടുത്ത് മൈത്രിഭാവത്തോടെ പ്രേമത്തോടുകൂടെ സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ദേവനെ ആരാധിക്കാൻ അങ്ങനെ ആരാധിച്ചു കഴിയുമ്പോൾ അത് ദേവനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആരാധിക്കും അന്തര്യാമിയായ ഭഗവാനാണെന്ന് അതിന് കുറച്ച് യോഗശക്തി വേണം അല്ലെങ്കിൽ പറ്റില്ല ഇതിപ്പോ കേൾക്കുമ്പോൾ നല്ല കാര്യാണ് പക്ഷെ കാര്യം വരുമ്പോ നമ്മൾ ദേവനെ കാണില്ല ചൈത്താന് വേണമെങ്കിൽ കാണാൻ പറ്റും ദേവനെ കാണില്ല എന്താന്ന് വെച്ചാൽ അവരുടെ ശരീരമുണ്ട് അവരുടെ വർത്തമാനം പറയുമ്പോൾ അവരുടെ മനസ്സ് വരും അവരുടെ അഹങ്കാരം വരും നമ്മളുടെ അഹങ്കാരമുണ്ട് ഇതൊക്കെ കൂട്ടിമുട്ടും രണ്ട് മനുഷ്യർ രണ്ട് പാവകളല്ലേ അയാളുണ്ട് അയാളുടെ ഉള്ളിലൊരു കാക്കത്തൊള്ളായിരം സാധനങ്ങളുണ്ട് നമ്മളുടെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട് നമ്മളുടെ ഉള്ളിലുള്ളത് അതിൻ്റെ ഉള്ളിലുമായിട്ട് ഒരു കുരുക്ഷേത്ര യുദ്ധം രണ്ടാൾ നടക്കും അല്ലേ അപ്പം അതിനെയൊക്കെ തരണം ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമെങ്കിൽ അയാൾ യോഗ്യാണ് അയാൾ യോഗിയാണ് ഒരു നാമദേവൻ ഏകാന്തത്തില് വിളല എന്ന് പറഞ്ഞിരിക്കുമ്പോ ഒരു നായ വന്ന് അദ്ദേഹത്തിന് വെച്ചിരിക്കണ ഭക്ഷണം റൊട്ടി എടുത്തോണ്ട് പോയി രണ്ടു ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല പുറകെ ഓടി ആ നായിനെ പിടിച്ച് ആ റൊട്ടിയില് നെയ്യട്ടിട്ട് ഹേ വിട്ടേ ഹരി ഇതിങ്ങനെ തിന്നാലേ വായ വേദനിക്കും എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്തു അത്രേ ഇത് കഥ അല്ലേ ഏകനാഥ് സ്വാമിയുടെ ഒരു കഥ പറയുന്ന സാധാരണ ഏകനാഥൻ ഗുരു പറഞ്ഞു രാമേശ്വ കാശിയിൽ പോയി ഗംഗെടുത്ത് ഗോമുഖത്തിൽ പോയി ഗംഗ എടുത്തുകൊണ്ട് വന്ന് കാശിയിൽ അഭിഷേകം ചെയ്യാൻ പറഞ്ഞു നടന്ന് പോയി ഗോമുഖത്തുനിന്ന് ഗംഗ എടുത്തുകൊണ്ട് കുറെ ആളുകൾ ആയിട്ട് കാശിയിലേക്ക് വരികയാണ് രാമേശ്വരത്തിലേക്ക് വരികയാണ് രാമേശ്വരത്തിൽ അഭിഷേകം ചെയ്യാൻ രാമേശ്വരത്തിൽ വരുമ്പോ ഏകദേശം രാമേശ്വരത്തിൽ എത്തിക്കഴിഞ്ഞു വഴിയിൽ ഒരു കഴുത നല്ല വെയിലത്ത് മണ്ണിൽ ഇങ്ങനെ കിടന്ന് വായ്പൊളിച്ച് വെള്ളത്തിന് കിടക്കണു ഒരു സംശയം ഉണ്ടായില്ല അവിടെ എവിടെയും നോക്കിയിട്ട് വെള്ളം കിട്ടിയില്ല ഉടനെ ആ കുടം പൊട്ടിച്ച് ആ കഴുതയുടെ വായിലേക്ക് ആ ഗംഗാജലം ഒഴിച്ചു കൊടുത്തു ആ കഴുത എങ്ങനെ സന്തോഷമായി അപ്പൊ അടുത്തുള്ളവരൊക്കെ ചോദിച്ചു എന്താ ഏകനാഥ് ചെയ്യണത് രാമനാഥനെ അഭിഷേകം ചെയ്യാൻ ഇത്ര ദൂരം കൊണ്ടുവന്നു ഗംഗാജലം ഈ കഴുതയുടെ വായിൽ ഒഴിച്ചുള്ളൂ ഞാൻ രാമനാഥനെ തന്നെയാണ് അഭിഷേകം ചെയ്യണത് ഒന്നും സംശയമില്ല ഇത് ഒരു പതിവാക്യ തീർത്താൽ അതിന് സോഷ്യൽ സർവീസ് എന്ന് പേര് ഇതൊരധ്യാത്മ സാധനയാവണത് ഉള്ളിലുള്ള പ്രോംറ്റിങ് കാരണം സന്ദർഭത്തിനനുസരിച്ച് അതിൽ അന്തര്യാമിയായ ദേവനെ കണ്ടുകൊണ്ട് when you help a person you are doing something which is very ordinary when you compulsarily help a person in a way you are insulting that person but when you serve a person seeing god in him you are giving the greatest glory to him that is the difference ഒരാൾ ആവശ്യം വരുമ്പോൾ അയാളെ സഹായിക്കുമ്പോൾ സഹായിച്ചു പക്ഷെ അയാൾക്ക് വലിയ വഷമാണ് ഒരാൾ നമുക്ക് സഹായിക്കുമ്പോ വലിയ വഷമാണ് എന്താന്ന് വെച്ചാൽ അതൊരു തരത്തിൽ ഇൻസൾട്ടാണോ ഈ സ്ഥിതിക്ക് ഞാൻ വന്നുവല്ലോ ഒന്ന് അയാളുടെ കയ്യിൽ നാളെ അയാളെ കാണുമ്പോൾ നമ്മളൊരു പ്രത്യേകത കാണിക്കണം അയാളെ കാണുമ്പോൾ നമുക്കൊരു ഒരു കുറവുണ്ടാവും നമ്മളുടെ ഉള്ളിൽ അയാളുടെ കയ്യിൽ അപ്പൊ ഈ സഹായിക്കുക എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ നമ്മളാ മനുഷ്യനെ പിടിച്ച് താഴ്ത്തുക രാമായണത്തിലെ ഹനുമാൻ രാമന് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു രാമന് വളരെ വിഷമം തോന്നുക എനിക്ക് വേണ്ടി ഇവരൊക്കെ വിഷമിക്കേണ്ടി വരുന്നു കുരങ്ങന്മാരും അതുകൊണ്ടാണ് അവസാനാവുമ്പോ സീതയെ കാണാൻ വാനരന്മാര് പോകുമ്പോ സീതയെ പല്ലക്കൽ സ്വർണ പല്ലക്കല് കൊണ്ടുവരാൻ പറയാണ് വിഭീഷണ അപ്പൊ പറയാണ് അരുത് ഈ കുരങ്ങന്മാരൊക്കെ വരുമ്പോ നമ്മുടെ മന്ത്രിമാരൊക്കെ വരുമ്പോ പോലീസുകാർ തല്ലണ പോലെ രണ്ടു വശത്തും കാവൽക്കാരെ നിക്കുകയാണേ രാമൻ പറഞ്ഞു ഒന്നും അരുത് ആരും ഒന്നും ചെയ്യരുത് ഇവരൊക്കെ പ്രാണം നൽകി രക്ഷിച്ചതാണ് എല്ലാരും കാണട്ടെ ഇറങ്ങി നടുക്ക് വരട്ടെ ഇവരൊക്കെ കാണട്ടെ എന്ന് ഹനുമാൻ ചെന്ന് കണ്ടിട്ട് തിരിച്ചു വന്നു രാമൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാ അതിബല ബലമാശ്രിതസ്തവാഹം ഈ രാമൻ പറയാണ് ഹേ അതിബല മഹാബല ഹനുമാനെ കണ്ട് ആഞ്ജനേയസ്വാമിയെ കണ്ട് രാമൻ പറയാണ് ഹേ അതിബല മഹാബല തവബലം ഹാഹം ഞാനേ നിന്റെ ബലത്തിനെ ആശ്രയിച്ചും കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പറയാ ഈ ഉപകാരത്തിന് എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ പറ്റാതെ എന്ന് പറയാ ഈ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോവട്ടെ അതാണ് രാമൻ കൊടുക്കണ അനുഗ്രഹം അതായത് ഞാൻ നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ പാടില്ല നരഫ് പ്രത്യുപകാരാർത്ഥി വിപത്തി അഭികാംക്ഷേന്ന് ഒരാള് വഴിയിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കണു നിങ്ങൾ കൊണ്ടുപോയി അയാളെ ഹോസ്പിറ്റലിലാക്കി എല്ലാ ഉപകാരങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ബോധം തെളിഞ്ഞപ്പോൾ നിങ്ങളെ കണ്ടു എത്ര വലിയ ഉപകാരമാണ് നിങ്ങൾ ചെയ്തത് ഇതുപോലെ ഞാൻ നിങ്ങൾക്കും ചെയ്യണമെന്ന് പറഞ്ഞു പ്രത്യുപകാരം ചെയ്യണമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അയാൾക്ക് ആപത്ത് വരണമെന്നാണ് ആശിക്കുന്നത് ദൈന്യഭാവം വരണമെന്നാണ് ആശിക്കുന്നത് അത് വരരുതെന്ന്